ശ്രീ സ്വന്ത ഭഗവത്മാകദേശാശേ ively Jeong OA ൂർധന്യ്യ അച്ഛരാദിമാർഗേണ ഗമന ബ്രഹ്മപ്യ താണ ഉത് അത്രീയത്തെ ഭാഷ എഴുതുന്ന സമയത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമാണ് ജീവൻ മുക്തിയെ കുറിച്ച് മുക്തി എങ്ങനെയാണ് ഭരണസമയത്ത് ജീവൻ ഉക്രമിക്കുന്ന ശരീരമുണ്ട് എന്നായിരുന്നു പൊതുവെയുള്ള ധാരണ എന്തുകൊണ്ടാണ് ഇതിനെ കൂടുതൽ ചർച്ച ചെയ്യുന്നത് അതിനെ കുറിച്ച് പല കല്പനകളും ഉണ്ടായി വാസ്തവത്തിൽ അത് യോഗികളും മറ്റും സ്വീകരിച്ചിരുന്ന സിദ്ധാന്തമാണ് അദ്വീതത്തിൽ അതിന് അംഗീകരിക്കുന്നില്ല പ്രാണൻ ഉത്ക്രമിക്കില്ലെന്നല്ലേ പറയുന്നു പ്രാണൻ ഉത്ക്രമണം സംഭവിക്കാം പക്ഷെ തത്വജ്ഞാനിയുടെ മോക്ഷം അതല്ല അത് ഉപാസകന്മാരിൽ സംഭവിക്കും അങ്ങനെ ഉക്രമണം ഉണ്ടാകാം അതുകൊണ്ട് ശ്രേഷ്ഠമായ ജന്മം ലഭിക്കും അതൊക്കെ അംഗീകരിക്കുന്നുണ്ടി തവശ്യമില്ല അത് യോഗമാർഗമാണ് ഉപാസനയുടെ മാർഗമാണ് അതിവിടെ ഇതിനെ കുറിച്ചുള്ള പല കാഴ്ചപ്പാടുകളെ ഭാഷകാരൻ ചർച്ച ചെയ്ത് നിഷേധിക്കുകയാണ് ചിക്രമിഷോ ി സഹൈന്തിയസ്യ പ്രാണവക്രാമന്തി എന്ന് പറയുന്നതിന് അന്ന് ചിലര് വ്യാഖ്യാനിച്ചെങ്ങനെയാണ് ഉപാസകര് പറയുന്നത് അവസാന സമയത്ത് ഉപാസകന് ശരീരം തുടങ്ങുന്ന സമയത്ത് പ്രാണൻക്രാമന്തി പ്രാണൻ ആ ജീവന് വിട്ടുപോകുന്നില്ല മറിച്ച് ആ ജീവനോടൊപ്പം സഞ്ചരിക്കുന്നു ശ്രുതി എങ്ങും വ്യാഖ്യാനിക്കാൻ സസ്യ പ്രാണക്രമന്തി പറഞ്ഞു പറയാൻ ഉത്രിച്ചാൽ ജീവനെ വിട്ടുപോകുന്നില്ല മറിച്ച് ആ ജീവനോടൊപ്പം പ്രാണനം പോകുന്നു ഊർജ്വ ലോകങ്ങളിലേക്ക് കല്പി തിരിച്ചു ശരി അത്രയോ സമബലീയന്റെ വിശേഷി ആനന്ദിക്ക വ്യാഖ്യാനിക്കുന്നവർക്ക് അങ്ങനെ ഒരു ഉഴപ്പുണ്ട് അവരവരുടെ മനസ്സിലിരിക്കുന്ന സിദ്ധാന്തങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി എന്തും ചെയ്യും തുടർന്നു വരുന്ന ഭാഗം കണ്ടില്ല എന്ന് കടിക്കും ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നവര് ഇത് കാണുന്നത് എന്താണ് അത്രയവ സമവലി അത് വിലയിക്കുന്നു തത്വാനിയുടെ മരണത്തെ കുറിച്ച് പറയുമ്പോ അത് സമാധിയെന്ന മരണമാണ് സമാധി എന്ന് പറയുന്നു സാധാരണ യോഗികളുടെ മരണത്തിന് സമാധി എന്ന് പറയുന്നു തത്വജ്ഞാനിയുടെ മരണം സാധാരണ മരണം തന്നെ എന്തു ചെയ്യുന്നു അതെല്ലാം സ്വാഭാവികമായിട്ടും ഒരു കാര്യം നശിച്ചാതെ നല്ല കാരണത്തിലേക്ക് നശിക്കുന്നു അതാണ് പ്രകൃതി സംഭവിക്കുന്നത് തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങളെല്ലാം ഇല്ലാതായിത്തീരും ജീവഭാവം നഷ്ടപ്പെടും അതിനാതാത് കാരണങ്ങളിലേക്ക് വിനയിക്കുന്നു അത്രയും സംഭവിക്കുന്നു സർവേ പ്രാണ അനുക്രാമം തീരികണേ ഗമനസി പ്രാപ്തത്വം സമയപ്രാണ അത് സാധാരണ യോഗിയെ കുറിച്ച് പറയും ആ യോഗിയുടെ ജീവൻ സഞ്ചരിക്കുമ്പോൾ മറ്റു പ്രാണന്മാർന്ന് സൈന്ദ്രിയങ്ങളും പറ്റും അതോടൊപ്പം സഞ്ചരിക്കുന്നു അതുകൊണ്ട് പറഞ്ഞു ഇല്ല അങ്ങനെ സംഭവിക്കുന്നില്ല വീതയിലും പറഞ്ഞത് എങ്ങനെയാണ് ഒരു പുഷ്പത്തിൽ നിന്നും വായു അതിൻ്റെ ഗന്ധത്തെ ആവഹിക്കുന്നത് അതുപോലെ ജീവൻ ഇന്ദ്രിയങ്ങളോടും സംസ്കാരങ്ങളോടും കൂടി ഇവര് ശരീരം വിട്ട് വേറെ ശരീരത്തെ സ്വീകരിക്കുന്നു എന്നും മറ്റും പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് തത്വജ്ഞാനിയെക്കുറിച്ച് പറയുമ്പോൾ വിശേഷിച്ച് പറയുന്നത് ഇവിടെ വിലയിക്കുന്നു ഭസ്മാക്രാമന്തി അനാശങ്ക അതുകൊണ്ട് അങ്ങനെ തത്വജ്ഞാനി സംബന്ധിച്ച് അങ്ങനെ സംശയിക്കേണ്ട കാര്യമേ ഇല്ല അത്രയോ സമവലീയന്തി എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അവിടെ ഗതിയില്ല നിർവാണം എന്ന് പറയുന്നു ഈ ഭാവങ്ങളെല്ലാം ജീവന്റെ ഭാവങ്ങൾ വികാര വിചാരങ്ങൾ വിഷയഗ്രഹണം ഇതെല്ലാം എങ്ങനെയാണോ പ്രകാശിക്കുന്ന ഒരു ദീപം അണയുന്നത് ശേഷിക്കുന്നു ശേഷിക്കുന്നു ാളം അശ്രമിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഈ പ്രവർത്തനങ്ങളെല്ലാം ബഹിർമുഖമായ ജീവൻ ഈ പ്രവർത്തനങ്ങളെല്ലാം ഇല്ലാതാക്കീരുന്നു എല്ലാം അതാതിൻ്റെ എന്ന് പറയുമ്പോൾ അവിടെ പറയും എന്താണോ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതാത് ദേവതാണ് ആ ദേവതകളെല്ലാം ആ സമഷ്ടിയിലേക്ക് വിലയം പ്രാപിക്കുന്നു മരണം തത്വജ്ഞാനിയുടെ മരണത്തിൽ സാധാരണ ജീവൻ്റെ അങ്ങനെയുണ്ട് അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ആദിത്യനുള്ള പുരുഷൻ അത് തന്നെയാണ് ചക്ഷു ചിരിക്കുന്ന പുരുഷൻ എന്ന് പറയുന്നത് ഇന്ദ്രിയാധിഷ്ഠാന ദേവത അവര് ഇതോടൊപ്പം സഞ്ചരിക്കുന്നു അതിനൊന്നും വിലയെ സംഭവിക്കുന്നു തത്വജ്ഞാനങ്ങനെയാണ് അതെല്ലാം പരസ്യ ദേവതായ സംസാരണ്യം പ്രാണാനം ജീവന സഹമനമാശങ്കി വിശേഷണം നടത്തണം സാക്ഷേ മോക്ഷവും സാധാരണ ഗതിയും തമ്മിൽ വ്യത്യാസം വേണമെന്ന് ജീവനൊരു ഗതിയുണ്ട് ആ ഗതിയിൽ നിന്നും മോക്ഷത്തിനൊരു വ്യത്യാസം കാണിക്കാൻ വേണ്ടി അതുകൊണ്ട് ജീവനോടൊപ്പം ഇതും പോകുന്നു അതിനെ നിഷേധിക്കാൻ വേണ്ടി ഉക്രമതി ഉക്രമിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞു കൽപ്പിക്കുകയാണെങ്കിൽ പാതികൾ പലതും കൽപ്പിക്കും പറയുന്നു എന്തൊക്കെ കൽപ്പിച്ചാലും ശരി അത്രയൊ സമവിലീ എന്റെ അങ്ങനെയുള്ള വന്നാൽ ഈ പറഞ്ഞത് എല്ലാം വ്യർത്ഥമാവും അവരവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പലതും കൽപ്പിക്കാം യോഗികൾ വിടില്ല കാരണം ജീവിതകാലം മുഴുവൻ അവരുടെ അഭ്യാസം ആ ഫലമായി ഇത്തരം ഉത്രിമ സംഭവിക്കണം സംഭവിച്ചീതോ അത് വാസ്തവമാണതാണ് അതുകൊണ്ട് ശ്രുതി അർത്ഥത്തെ അവരുടെ താല്പര്യം അനുസരിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും പറയും ഇവിടെ സ്പഷ്ടമായും പറഞ്ഞിരിക്കുന്നു അത്രയോ സമബലീകന്തി അല്ല ഇവിടെ അവസാനിക്കുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ തന്നെ ഏതൊരു ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണോ അവൾ ഞാനത്തെ പ്രാപിച്ചത് ആ ശരീരത്തിൽ സർവസാനിക്കുന്നു യുക്തശ് ജീവിതം തത്വജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താണ് മുക്തനാകുക എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാത്തിൽ നിന്നും മുക്തനാകുക പ്രാണനിൽ നിന്നും വ്യക്തനാകുന്നു ഇന്ദ്രിയങ്ങൾ പഞ്ചപ്രാണന്മാർ അതിൽ നിന്നെല്ലാം മുക്തനാകുന്നു എന്തിനു ജീവഭാവം തന്നെ നശിക്കും പ്രാണൻ എവിടെ പ്രവർത്തിക്കുന്നു ജീവഭാവത്തെ അനുസരിച്ചിട്ടാണ് ജീവത്വത്തിന്റെ ഭാഗമാണ് പ്രാണൻ ആ ജീവത്വം നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പിന്നീട് പ്രാണൻ ഇവിടെ പ്രാണനിലെങ്കിൽ പിന്നെ ഇവിടെ ഗതി അങ്ങോട്ട് പോവും മാറി പോകും അതുകൊണ്ട് ജീവത്വം തന്നെ ഇല്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കൽപ്പന അത് കൂടിയേ തീരൂ ഇന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു മരണസമയച്ച് എഴുന്നേറ്റിരുന്ന് പത്മാസനത്തിൽ ഇരുന്ന് പ്രാണനെ മൂർധാവിടെ പോകണം എന്നുള്ള ഭാവന അതുപോലെ അതിനൊന്ന് യാതൊരു തത്വജ്ഞാനീ സംബന്ധിച്ചതും അതൊന്നും യാതൊരു അധിഷ്ഠാനവും ഇല്ല ജീവത്വം പോലും ഇല്ലാത്തടത്ത് അതൊക്കെ എങ്ങനെ സംഭവിക്കും എന്നാണ് സർവഗതത്വ സദാത്മനോ നിരവേദിത്വ പ്രാണ സംബന്ധമാത്രമേവീ അഗ്നി വിസ്മുലിംഗ ജീവത്വ ഭേദ കാരണം നിത്യദിയ ജീവത്വം ഗതിർഭ നാശം ശ്രുതയെ ചോദിക്കാന് നിങ്ങൾ ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടോ ശ്രുതയസ് ഞങ്ങളോട് നിങ്ങൾ വാഗ്വാദത്തിന് വരുന്നു മോക്ഷ ഇന്നതാണ് എന്നെല്ലാം പറഞ്ഞു തർക്കിക്കാൻ വരുന്നവര് ശ്രുതയസ് പ്രമാണം ശ്രുതിയെ നിങ്ങൾ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഇത് മനസ്സിലാക്കണം എന്താണ് സർവഗതത്വ ആത്മാവ് സർവഗതമാണ് സദാത്മന സത്സ്വരവമാണ് നിരവയവത്വ നിരവയവമാണ് അങ്ങനെയുള്ള ആ പരമാത്മ ചൈതന്യത്തിന് എന്താണ് ഈ ജീവത്വം എന്ന് പറയുന്നത് പ്രാണസംബന്ധം മാത്രമേ വഗ്നി വിസ്ഫുലിംഗവ ജീവത്വം അഗ്നിയിൽ നിന്നെങ്ങനെയാണ് സ്ഫുലിംഗങ്ങളുണ്ടാകുന്നത് അതുപോലെ കേവല പ്രാണസംബന്ധം മാത്രമാണ് ജീവത്വം എന്ന് പറയുന്നത് അതാണ് ജീവഭാവം വരുന്നത് ഭേദ കാരണം അതാണ് ഭേദത്തിന് കാരണമായിരിക്കുന്നത് ജീവൻ വേറെ ഈശ്വരൻ വേറെ ജീവന്മാർ പലതാണ് എല്ലാം കാരണം എന്താണ് ആ പ്രാണബന്ധനമാണ് പ്രാണസംബന്ധമാണ് ഇത്യദിയ ഒക്കെ അതുകൊണ്ട് അതിൽ നിന്നുള്ള വിയോഗം സംഭവിച്ചാൽ അതാണ് മോക്ഷ മോക്ഷത്തിൽ പ്രാപഞ്ചികമായ സർവത്തിൽ നിന്നും വിയോഗം സംഭവിക്കുന്നു ജീവത്വം ഗതിർ വന്ന ശക്യാപരുകൾ പെയ്തു അവിടെ പിന്നീടൊരു ജീവത്വം പിന്നെ ആ ജീവനൊരു ഗതി ഇതൊന്നും കൽപ്പിക്കാൻ സാധ്യമേ അല്ല ഇന്ന് പല പക്ഷങ്ങളും പല ചിന്താഗതിക്കാരും ആവർത്തിച്ച് നിഷേധിക്കുകയാണ് മുമ്പക്കെ ചെറുതായി സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെയാണ് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നത് അണു അവയവ സ്ഫുടിതോ ജീവാക്യോ സദ്രുപം ഛിദീകൃതൻ ഗച്ഛീതി ശക്തിയും കൽപ്പ് അങ്ങനെയും ചിലർ പറയുന്നു ചിലർ സമ്മതിച്ചു സർവഗതമായ സദാത്മാവാണ് പരമാർത്ഥം പക്ഷേ അതിന്റെ ഒരു അണു അവയവമാണ് സ്ഫുടി അതിൽ ഫുരിച്ച ഒന്നാണ് ആ സത്തായിരിക്കുന്ന പരമാത്മ ചൈതന്യത്തിൽ ഉണ്ടായ ഒരു സ്ഫുരണമാണ് ജീവൻ അത് സദ്രൂപം ഛിദ്രീകുറന്നു അതിൽ നിന്ന് വേറിട്ട് പോകുന്നു നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലും അഗ്നിയുടെ അവയവമാണ് സ്ഫുലിംഗങ്ങൾ പക്ഷെ ആ സ്ഫുലിംഗം എന്ത് അഗ്നിയിൽ നിന്നും വേറി വിരിഞ്ഞു പോകുന്നു അതുപോലെ ഗച്ഛതി കൂടുതലോകങ്ങളിലേക്ക് പോകുന്നു അതാണ് മോക്ഷം എന്ന് പറഞ്ഞാലോ അതും ശരിയല്ല അങ്ങനെയൊന്നും കൽപ്പിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് അത് നിരവയവമാണ് സർവഗതമാണ് ശ്രദ്ധാത്മാവാണ് അങ്ങനെ ഒന്നും സംഭവിക്കാൻ സാധ്യമല്ല തസ്മ തയൽ അമൃതത്വമേദി സഗുണബ്രഹ്മോപാസ്യ പ്രാണയിച്ച നാഠ്യാഗമനം സാപേക്ഷമായി വെച്ച് അമൃതത്വം സാക്ഷാത്മോക്ഷിക്കുന്ന തയോർദ്ധമായ അമൃതത്വമേദി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ മാർഗത്തിലൂടെ ഊർജ്ജഗതിയെ പ്രാപിക്കുന്നുവൻ മോക്ഷത്തെ പ്രാപിക്കുന്നുവെന്നും മറ്റും പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഊർധഗതി മോക്ഷം പ്രാണന്റെ ഗമനം അതിനെയൊക്കെ നിങ്ങൾ നിഷേധിക്കുകയാണോ പറയുന്നില്ല അതിനെ നിഷേധിക്കുന്നില്ല അതും ഇത് നിഷേധിക്കുന്നു അത് ഇത് ഒന്നിനെയും നിഷേധിക്കുന്നില്ല ഒരു നിഷേധിക്കുന്നില്ല ഒരു മാർഗത്തെ നിഷേധിക്കുന്നില്ല അതൊന്നും നിഷേധിക്കില്ല അതൊക്കെ എന്താണ് സഗുണബ്രഹ്മോപാസകസ്യം സങ്കണബ്രഹ്മ ഉപാസകൻ എന്ന് പറയുന്നത് ഹിരണ്യ ഉപാസകൻ പ്രാണൈസകഠ്യാഗമനം അവൻ പ്രാണത്തോടൊപ്പം നാടിയിലൂടെ ഗമിക്കുന്നുണ്ട് അപ്പൊ അവനെ നിഷേധിക്കുന്നുണ്ട് സാപേക്ഷ വിവച്ചാമ്പാരെങ്കിലും പറയണം എന്റെ ഗുരു അങ്ങനെ നാടിയിലൂടെ അവസാനം പത്മാസരത്തിലിരുന്ന് പോയ ആളാണെന്ന് പറയുകയാണെങ്കിൽ മനസ്സിലാക്കുണാഗുരു കമളബരമോപാസകനായിരുന്നു ശിഷ്യൻ പറയുന്നതുകൊണ്ടല്ല അതാണ് വാസ്തവമെങ്കിൽ അങ്ങനെ കരുതിയാൽ മതി തത്വജ്ഞാനിയല്ല്യ സാപേക്ഷമേവാ അവിടെ അമൃതത്വം സാപേക്ഷണോ ആഭൂത സംരംഭം സ്ഥാനം അമൃതത്വം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ സാക്ഷാത്മോക്ഷം അവിടെ സദ്യോന്മുക്തി സംഭവിച്ചില്ല കാരണം എന്തുകൊണ്ട് തത് അപരാജിത കുഹു തധൈര് മതീയം ശരഹ സ്വർഗത്തെക്കുറിച്ച് സാധാരണ പറയുന്നുണ്ട് ഇവിടെ അമൃതമുണ്ട് അപ്സരസുകളുണ്ട് അവിടെ ചെന്നുകഴിഞ്ഞാൽ പരമസുഖമാണ് അതുപോലെ ഈ ബ്രഹ്മരോഗത്തെക്കുറിച്ചും പറയുന്നുണ്ട് തത് അപരാജിത കുഹു നശിക്കാത്ത ഒരു സ്ഥാനമാണ് കാരണം കൽപ്പാന്തം വരം നിലനിൽക്കുന്നു തത് ഐരം അവിടെ ഒരു സാധനമുണ്ട് മദ്യം പോലെയുള്ള ഒരു സാധനം സോമരസം എന്നൊക്കെ പറയുന്നില്ല അതുപോലെ അത് മതത്തെ ഉണ്ടാക്കുന്നതാണ് ഹർഷത്തെ ഉണ്ടാക്കുന്നതാണ് അത് പോയി കുപ്പിയില് വാങ്ങി കഴിക്കേണ്ട സരഹ ഒരു വലിയ സരസാണ് അതിലിറങ്ങി മുങ്ങി ആവശ്യം പോലെ കുടിച്ചു കഴിഞ്ഞു അങ്ങനെ മതോന്മത്തന്മാരായി അങ്ങനെ ഹർഷത്തിൽ കഴിയാം എന്നാണ് എന്നൊക്കെ വർണ്ണിച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പശ്ചാത്തത്തിലല്ല അവിടെ പൂർണ്ണമായ ആനന്ദമാണ് മദ്യത്തിന്റെ സരസ് എന്നുള്ള അർത്ഥം എന്താ ഇവിടെ മനുഷ്യൻ സങ്കല്പിക്കുന്ന അതൊക്കെയാണല്ലോ എത്രമാത്രം ഭർഷത്തെ ആനന്ദത്തെ ഉണ്ടാക്കാം അതിന് ഇത്തരം ഉപായങ്ങളാണ് അതുകൊണ്ട് അവന്റെ സങ്കല്പത്തിനനുസരിച്ച് പറഞ്ഞിരിക്കുകയാണ് അവിടെ പൂർണമായ ഭർഷത്തിൽ ആനന്ദത്തിൽ ഒരാൾക്ക് കഴിയാം പക്ഷെ അതും ആപേക്ഷിക്കുവാണ് ഇത്യാദി ഉക്താത്തത് േഷാംശ ബ്രഹ്മലോക എന്നിട്ട് പറയുന്നു അങ്ങനെയുള്ള ബ്രഹ്മലോകം സദാ ആനന്ദത്തിൽ കഴിയാം എന്നുള്ള ആ ബ്രഹ്മലോകം ഈ ഉപാസകന്മാർക്ക് മാത്രമാണ് തത്വജ്ഞാനിക്കല്ല തത്വജ്ഞാനിക്ക് അങ്ങനെ ഹർഷത്തിലോ ആനന്ദത്തിലോ ഒന്നും കഴിയേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് സ്വയം ആനന്ദ സ്വരൂപനായതുകൊണ്ട് अध पंचाग्निद्रह सै अेवान प्रस्थ पिव्राजगनषि ब्रह्मचारी श्रद्धा तपासना तपस्े ये चई में अे तपुपास इतं विदु अदान दूर ഷികൾ ഇനി പറയുന്നു ഈ ഗതിയെ കുറിച്ച് പറഞ്ഞ മുമ്പ് അതിനർത്തിക്കുകയാണ് പഞ്ചാഗ്നി വിദ ഗ്രഹസ്ഥാൻ സമർത്ഥിച്ച കാര്യം പറയുന്നു ഈ പഞ്ചാഗ് വിദ്യ ഗ്രഹസ്ഥന് വേണ്ടിയിട്ടാണ് പരിപ്രാചകർ തത്വജ്ഞാനി അല്ല അല്ലാത്ത പരിപ്രാജക ഉപാസകന്മാർ ഇനി സഹ നൈഷ്ടിക ബ്രഹ്മചാരി നൈഷ്ടിക ബ്രഹ്മചാരി ഗുരുകുലത്തിൽ കഴിഞ്ഞു അവർ ശ്രദ്ധ തപ ് മദ്യുപാസത ഇവരെല്ലാം മറ്റുപാസകൾ ചെയ്യുന്നു ശ്രദ്ധ തപസ് ഇതെല്ലാം അനുഷ്ഠിക്കുന്നവർ ശ്രദ്ധ തപസ്സിനെ ശ്രദ്ധയുള്ളവർ തപസ്സികൾ സഗുണബ്രഹ്മോപാസകർ ഉപാസന ശബ്ദസ്ഥ താത്പര്യ ഉപാസ്യത എന്ന് വെച്ചാൽ ഇതെല്ലാം വളരെ താത്പര്യപൂർവ്വം അനുഷ്ഠിക്കുന്നവർ നിയമപൂർവ്വം അനുഷ്ഠിക്കുന്നവർ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുന്നവർ ഇഷ്ടാപൂർത്തെ ദത്തംപാസത എവിടെയും പറയുന്നു അടുത്ത് ഗ്രാമത്തിൽ ഇഷ്ടാപൂർത്ത ദത്തങ്ങളെ ഉപാസിക്കുന്നു പറഞ്ഞാൽ നല്ല താല്പര്യപൂർവ്വം അനുഷ്ഠിക്കുന്നവർ വിധിവത് എണ്ണം പാലിക്കുന്നവർ ബ്രഹ്മചര്യം കർശനമായി പാലിക്കുന്നവർ ശൃത്യന്തര സത്യം ബ്രഹ്മ ഹിരണ്യഗർഭ്യപാസദേ സകുണബ്രഹ്മം അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന സകുണബ്രഹ്മ ഉപാസന അല്ല അവിടെ പറയുന്നത് ഹിരണ്യഗർഭ ഉപാസനയാണ് അത് വൈദിക ഉപാസനയാണ് അത് സത്യം ബ്രഹ്മമാണ് ഹിരണ്യഗർഭൻ ഉപാസുതേ സർവർച്ചിരാഭിമാനനിയും ഗതിയെ കുറിച്ച് പറയുന്നു അർച്ചരഭിമാനിയായി ദേവതയെ പ്രാപിക്കുന്നു ഗീതയിൽ നമ്മളിത് ചർച്ച ചെയ്തതാണ് സമാനമന്യത് ചതുർത്ഥ്യതി വ്യാഖ്യാന ചതുർത്ഥ വ്യതി വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ചതുർത്ഥാധ്യായത്തിനുംകോസ്വര വിദ്യ ഇത് ചർച്ച ചെയ്യുന്നുണ്ട് ഭഗോസ്വരപ്പോ അതുകൊണ്ട് അത് വ്യാഖ്യാനിക്കുന്നില്ല ഏഷദേവയാന പന്ധ വ്യാഖ്യാത ഇതാണ് ദേവയാന മാർഗം ഇത് വ്യാഖ്യാനിച്ചതാണ് സത്യലോക അവസാനവും ഇത് സത്യലോകത്തിൽ എത്തിച്ചേരുന്നു സത്യലോകം ബ്രഹ്മലോകം എന്നെല്ലാം പറയുന്ന അവിടെ എത്തിച്ചേരുന്നു നണ്ടാഗ് ബഹി യഥിതരം മാതരം ചൈതി ഇത് ഈ ബ്രഹ്മാണ്ടത്തിന് പുറത്തുള്ളതല്ല ബ്രഹ്മാണ്ടത്തിന് പുറത്ത് വരുന്ന ഏതാണോ സദ്യോമുക്തി മുക്തൻ ബ്രഹ്മാണ്ടത്തിന് പുറത്താണ് പ്രപഞ്ചാതീതനാകും ഇവിടെ ഈ സംസാരത്തിനകത്ത് നണ്ടാഗി എന്ന് പറയുന്നതാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോയിരിക്കുന്നു മാതരം ഇത് ശ്രുജീ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് പിതാവിനും മാതാവിനും ഇടയ്ക്കാണത് എന്ന് പറയുന്നത് പിതാവെന്ന് പറയുന്നത് ദുലോകം മാതാവെന്ന് പറയുന്ന പൃഥ്വി ഇതിന് മധ്യത്തിന് നടക്കുന്ന കാര്യങ്ങൾ അതല്ല പോക്കു വരവാണ് ഇത് മന്ത്രവർണ എന്ന് ശ്രുതി പറയുന്നുണ്ട് ഇതും സംസാര അന്തർഗതമാണ് പക്ഷെ ശ്രേഷ്ഠമാണ് ഇവിടെ ആവശ്യകമായ അമൃതത്തെ പ്രാപിക്കുന്നു ഇനി അടുത്ത് പറയുന്നു അധ ഇർത്ഥാന്തര പ്രസ്ഥാപനാർത്ഥോ ഗൃഹസ്ഥി ഗൃഹസ്ഥ അസാധാരണ വിശേഷണം അരണ്യവാസിഭ്യോ വ്യാപൃത്യർത്ഥം അഥ മേ ഗ്രാമിഷ്ടം അടുത്ത് മറ്റൊരു കൂട്ടത്തെ കുറിച്ച് പറയുന്നു ഉത്തരായണ മാർഗത്തിലൂടെ ദേവയാനത്തിലൂടെ പോകുന്നവരല്ല ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നവർ വേർതിരിക്കാൻ വേണ്ടിട്ടാണ് അധശബ്ദം ഉപയോഗിക്കുന്നത് അവിടെ ഗ്രാമം എന്ന് പറയുന്നത് സൂചകമാണ് എന്തിന്റെ ഗ്രഹസ്ഥൻ ഗൃഹസ്ഥാനം അസാധാരണ വിശേഷം ഗൃഹസ്ഥന്മാരെ കുറിച്ച് പറയുമ്പോൾ ഗ്രാമം എന്നുള്ളത് പരുഭ്രാജനെക്കുറിച്ച് വാനപ്രശ്നെ കുറിച്ച് തപസ്യെ കുറിച്ച് പറയുമ്പോൾ അരണ്യം എന്ന് പറയും ശേഷണം അരണ്യവാസിഭ്യോ വ്യാപിതർക്കം ഗൃഹസ്ഥനും മറ്റുള്ളവർ എന്നാല് വീട് ഉപേക്ഷിച്ച് പോകുന്നില്ല വീട്ടിൽ തന്നെ ഇരിക്കുന്നു യഥാ വാനപ്രസ്ഥ പരിപ്രരാജകാനാം അരണ്യം വിശേഷം പറയുന്നു വാനപ്രസ്ഥനും പരമ്പരാജകനെയും കുറിച്ച് പറയുമ്പോൾ അരണ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോളും വാനപ്രസനോ പരിപ്രരാജകനോ ആണ് ഗൃഹസ്ഥ്യോ വ്യാപിതൃർക്കും ഗൃഹസ്ഥന്മാരെ വേട്തിരിച്ച് പറയാൻ വേണ്ടി പറയുകയാണ് അതുപോലെ ഇഷ്ടാപൂർത്തെ ഇഷ്ടം അഗ്നിഹോത്രാദി വൈദികം കർമ്മം ഇഷ്ടാപൂർത്തേ ദത്തം ഇഷ്ടാപൂർത്തേ ദത്തം ഇഷ്ടാപൂർത്തങ്ങൾ എപ്പോഴും പറയുന്നു ധന്വത്തിനതുകൊണ്ടാണ് ഇഷ്ടാപൂർത്ത എന്ന് ദിവ്യജനത്തിൽ പറഞ്ഞു ഇഷ്ടാപൂർത്തേ ഇഷ്ടവും പൂർത്തവും ഇഷ്ടം എന്താണ് അഗ്നിഹോത്രാദി വൈദികം കർമ്മം അതാണ് ഇഷ്ടം അഗ്നിഹോത്രാദി ഇഷ്ടം എന്ന് പറയുന്നു അതനുഷ്ഠിക്കുന്ന ഗ്രഹസ്ഥന്മാർ പൂർത്തം എന്ന് പറയുന്നത് എന്താണ് വാപി കൂപതടാകാരാമാതികരണം പൂർത്തം എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഗ്രഹനം ചെയ്യുന്നത് തനിക്ക് വേണ്ടിയിട്ടാണ് ഗൃഹസ്ഥൻ തനിക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചപ്പോഹ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നാലും ഗൃഹസ്ഥനാകത്തുള്ളൂ സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം ചെയ്തപ്പോ സമൂഹത്തെ സംരക്ഷിക്കണം എന്തൊക്കെ ചെയ്യുന്നു വാപി കുളങ്ങൾ കൂപം പൊതുവായിട്ടുള്ള കുളങ്ങളെയാണ് വാപ്പി എന്ന് പറയുന്നത് മലയാളത്തിൽ പറയും വാൽക്കുളം എന്ന് പറയും അതിനാണ് വാപ്പി എന്ന് പറയുന്നത് ആ കൂപം സാധാരണ കുളം മറ്റു കുളങ്ങൾ പഴയ കാലത്തുണ്ടാകുന്നതാണ് ഇതിനാണ് മൃഗങ്ങൾക്കും മറ്റും ഇറങ്ങി വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് കുളത്തിൽ ഒരു വാല കുടി വിട്ടു അത് വാപ്പി എന്ന് മനുഷ്യൻ വെള്ളം കോരിയെടുത്ത് കുടിക്കുന്നു അത് കൂപ്പം തടാകം കുടിക്കാൻ വേണ്ടി മാത്രമല്ല മറ്റെല്ലാ ആവശ്യങ്ങളും വേണ്ടിയിട്ട് വലിയ തടാകങ്ങളുണ്ടാകും കൃഷിക്കും മറ്റും വേണ്ടി ആരാമം പൂന്തോട്ടവും മറ്റും ഉണ്ടാകും ഇത്തരം കാര്യങ്ങളെന്താണ് തനിക്ക് വേണ്ടി ചെയ്യുന്നതല്ല സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സത്കർമ്മങ്ങൾ എന്ന് പറയും പിന്നെ ദത്തം അടുത്തൊരു കർമ്മത്തെക്കുറിച്ച് പറയുന്നു ഗൃഹസ്ഥന് മൂന്ന് കർമ്മങ്ങളാണ് ഇഷ്ടം പൂർത്തം ദത്തം അതിന്റെ ദത്തം എന്താണ് ബഹൃവേദി യഥാശക്തി അർഹ ദ്രവ്യ വിഭാഗോ സംവിഭാഗോ ദത്തം ദാനം ചെയ്യുക എന്ന് പറയുന്നത് അത് എന്തുപറഞ്ഞു ബഹൃവേദി എന്ന് കൊണ്ട് പറഞ്ഞ വേദി എന്ന് പറഞ്ഞാൽ യാഗം യാഗവേദി അവിടെ അശ്വമേധം പോലുള്ള യാഗങ്ങൾ നടത്തിയിട്ട് അവിടെ ദാനം ചെയ്യുന്നു പക്ഷെ അത് എല്ലാവർക്കും കിട്ടില്ല മുഖ്യമായിട്ടും അതിന്റെ അവകാശികളാരാണ് പുരോഹിതന്മാരാണ് അവർക്കാണ് ദാനം ചെയ്യുന്നത് അവർ ചെയ്യുന്ന ജോലിക്ക് ഒരു പ്രതിഫലം പോലെ ദത്തം അതല്ല കാരണം അത് നേരത്തെ പറഞ്ഞു ഇഷ്ടത്തിലത് വന്നു കഴിഞ്ഞാൽ അഗ്നിഹോത്രാദിത് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ദാനവും വഴി ദത്തം അതായത് അല്ലാതെ സാധുക്കൾക്കും മറ്റും കൊടുക്കുക പുറമേ യഥാശക്തി അവനവൻ്റെ ശക്തിക്കനുസരിച്ച് അർഹവിദ്യോ ആരാണോ അത് അർഹിക്കുന്നത് അത് ആവശ്യമായി വരുന്നത് അങ്ങനെയുള്ള സാധുക്കൾക്ക് ദ്രവ്യ സംവിഭാഗവും തന്റെ സ്വത്തിനെ കൊടുക്കുക ആണ് ദത്തം ഇതെല്ലാം വളരെ ശ്രേഷ്ഠമായ കർമ്മങ്ങളാണ് ഇഷ്ടം അഗ്നിഹോത്രാദി വൈദിക കർമ്മം ചെയ്യുക ഓർത്തം സമൂഹത്തിന് വേണ്ടി കർമ്മം ചെയ്യുക ദത്തം വിശേഷിച്ച് ഇത് ഇത് കൂടാതെ തന്നെ ദാനം ചെയ്യുക തന്റെ സമ്പത്തിന് ഇല്ലാത്തവർക്ക് കൊടുക്കുക ഇത്ര ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യുന്നവരും എന്തു ചെയ്യുന്നു ദക്ഷിണായന മാർഗ്ഗത്തിൽ സഞ്ചരിക്കേണ്ടി വരുന്നു ഇതാണ് സാധാരണ കർമ്മത്തിന്റെ ഫലം സത്കർമ്മങ്ങൾ ചെയ്താണ് അത് ജീവന്റെ ഊർജ്ജഗതിക്ക് ഉപകരിക്കത്തുള്ളൂ മോക്ഷത്തിന് ഉപകരിക്കത്തില്ല നമ്മൾ ഗീതാക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് എന്ന് പലർക്കും സംശയമുണ്ടായി ഇതെങ്ങനെ ശരിയാകും ഇപ്പൊ അതിവിടെ അത് വ്യക്തമാക്കിയാണ് അതാണ് പറഞ്ഞത് ഇതും സാന്തൂര്യവും ഗീതയുമായിട്ട് ബന്ധമുണ്ടാവും നിത്യവും വിധം പരിചരണ പരിത്രാണാതി ബാസത പറയും പരിചരണം മറ്റുള്ളവരെ സേവിക്കുക നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പരിത്രാണം മറ്റുള്ളവരെ രക്ഷിക്കുക ദുഃഖം ആർത്തന്മാരെ രക്ഷിക്കുക അവശത അനുഭവിക്കുന്നവരെ പരിചരിക്കുക ഈ പ്രവർത്തനങ്ങൾ എണ്ണ ഇതെല്ലാം ഗ്രഹസ്ഥ ധർമ്മമാണ് ഇതി ശബ്ദത്തിൽ പ്രകാരപ്രദർശനാർത്ഥത്വത്തം ഇതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെല്ലാം സത്കർമ്മങ്ങളുണ്ടോ അതിനെല്ലാം എടുക്കുക പ്രകാരാർത്ഥത്തിലാണ് ഇതി ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് എന്നിട്ട് സദൃശാർത്ഥം പ്രകാരം സദർശം സാദൃശ്യാർത്ഥം ഇഷ്ടപൂർത്ത ദത്തങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കർമ്മങ്ങൾ കൂടാതെ എന്തെല്ലാം സത്കർമ്മം ചെയ്യാൻ അതെല്ലാം ഇനി ഉൾപ്പെടുത്തിക്കൊണ്ട് ആശുപത്രി സ്കൂള് ഇതെല്ലാം ഇതെന്നാ ഇനീപൻ സാദൃശാർത്ഥത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തുവരും ദർശന വർജിതത്വ പക്ഷെ ഇവർക്കൊരു കുഴപ്പമുണ്ടെന്നാൽ ദർശനമില്ല എന്നർത്ഥം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതല്ല സത്കർമ്മങ്ങളാണ് നല്ല പ്രവൃത്തികളാണ് ചെയ്യുന്നത് പക്ഷെ ദർശനമില്ല മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ ചെയ്ത് കിട്ടും പക്ഷെ എന്ത് മോശമാണ് ധൂമം പോകയാണ് ധൂമാഭിമാനിയും ദേവതാം അഭിസംഭവന്തി പ്രതിബദ്ധ്യന്തേ ധൂമാഭിമാനിയായ ദേവതയെ പ്രാപിക്കുന്നു ഉപാസന അങ്ങനെയല്ല അർച്ചരഭിമാനിയായ ദേവതയെ പ്രാപിക്കുമ്പോൾ ഇവരെവിടെയാ പോകുന്നത് ധൂമാഭിമാനിയായിട്ടുള്ള ദേവതയെ പ്രാപിക്കുന്നു ചോദ്യം പറയുന്നു സത്കർമ്മങ്ങൾക്ക് ഉള്ള ഫലം ആത്യന്തികമായ ഫലം അതാണ് ഇവിടെയാണ് അ ദർശനം എന്ന് പറയുന്നിടത്താണ് നമ്മൾ കർമ്മവും കർമ്മയോഗവും തമ്മിൽ സത്കർമ്മവും കർമ്മയോഗവും തമ്മിൽ വേർതിരിച്ചു എന്താ എന്തുകൂടി ആലോചിച്ചു നോക്കുന്നത് നല്ലതാണ് എന്താണ് ദർശന വർദ്ധിതർ അവിടെ ദർശനം ഉപാസന കർമ്മത്തോട് വേണ്ട ഭാവനകൾ ഇല്ലാതെ വരുന്നു കർമ്മം ചെയ്യൽ ശ്രേഷ്ഠമായ കർമ്മമാണ് പക്ഷേ അവിടെ ജീവൻ ഊർദ്ധഗതിയും ഉണ്ടാവുന്നു പക്ഷെ മോക്ഷം കർമ്മഫലം ജീവന്റെ ഊർദ്ധഗതിയാണ് ധൂമാരി രാത്രി അപരപക്ഷദേവതാം കൃഷ്ണപക്ഷ അഭിമാനിയും ഷൺമാസാൻ ദക്ഷിണ ദക്ഷിണാം ദിശാമേദി സവിത ഇതെല്ലാം ഗീതിയിൽ ചർച്ച ചെയ്ത അവിടെ നിന്ന് രാത്രി അഭിമാനിയായ ദേവത എന്നുവച്ച നേരത്തെ പറഞ്ഞു നേരെ വിവരീരം അവിടെ പകല് ശുക്ലപക്ഷം ഇവിടെ നേരെ കൃഷ്ണപക്ഷമായി ഇവിടെ രാത്രി അഭിമാനി ദേവത എന്നാ സാറിന് പറയുന്നതുപോലെ ആള് മാന്യനാണ് പകലൊന്നും പുറത്തിറങ്ങി കിടക്കാൻ പറ്റത്തില്ല അന്ന് പറഞ്ഞതുപോലെയാണ് ചെയ്യുന്നത് സത്കർമ്മമാണ് പോകുന്ന വഴി മോശം രാത്രി ആ രാത്രിയിൽ അപരപക്ഷ ദേവതാം കൃഷ്ണപക്ഷ അഭിമാനി ദേവത പ്രാപിക്കുന്നു അവരാണ് നയിച്ചുകൊണ്ട് പോകുന്നത് അപരപക്ഷാൻ ദക്ഷിണ ദക്ഷിണാം ദിശ ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നു സവിത ദക്ഷിണായന ഷണ്സ അഭിമാനി ദേവത പ്രതിബദ്ധ ദേവതകളാണ് കാലത്തെ കുറിച്ച് പറയുന്ന ആ സംഘചാരണ്യോഹി ഷൺമാസദേവത എഴുതി മാസാനെന്തുകൊണ്ട് പറഞ്ഞു മാസം എന്ന് പറഞ്ഞപ്പോൾ ഈ ഷൺമാസദേവതകൾ ഒരുമിച്ച് സഞ്ചരിക്കുന്നവരാണ് ഒറ്റയ്ക്കൊട്ടേക്ക് സഞ്ചരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ സർവത്തിനുള്ള ദേവതയുണ്ട് കാലത്തിനും ഒരു ദേവതയുണ്ട് ദേശത്തിന് ദേവതയുണ്ട് സർവചരാചരങ്ങൾക്കും ദേവതയുണ്ട് ഷണ്മാസദേവതകൾ ർമ്മ പ്രകൃത സംവത്സരം അഭിമാനം മുമ്പ് ദേവയാനി പറഞ്ഞ ഇവർ അഭിമാനിയായ ദേവതയെ പ്രാപിക്കുന്നുണ്ട് ഇവിടെ ഒന്നാണ് തിരിയുന്നത് നേരത്തെ ചോദിച്ചല്ലോ ഇവരെവിടെന്നാ തിരിയുന്ന ഗൗതമനോട് ചോദിച്ചു എവിടെ വെച്ച ഇവർ തിരിഞ്ഞു പോകുന്ന തിരിയുന്ന ആ ജംഗ്ഷനെ കുറിച്ച് പറയണം ഇവർ സംവത്സര അഭിമാനിയായ ദേവതയെ പ്രാപിക്കുന്നുണ്ട് പുതര പ്രാപ്തി പ്രസംഗോയ പ്രതിഷിദ്ധ്യത അസിഹി പ്രസംഗ സംവത്സര ഏകസ്യവയഭൂതി ദക്ഷിണ ഉത്തരായണേ തർച്ചിതാദിമാർഗപ്രവൃത്താനം ഉദക സംവത്സരത്തെ പ്രാപിക്കുന്നില്ല അതെന്താ ചർച്ചിക്കുന്നു കാരണം ദേവയാനത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു ഒരു സംവത്സര ദേവതയെ പ്രാപിക്കുന്നു എന്തുകൊണ്ട് സംവത്സരത്തിന്റെ ഭാഗമാണ് ദക്ഷിണായന ഉത്തരായണം കറുത്തപക്ഷത്തിന്റെ വഴിക്ക് പോകുന്നവർ സംവത്സരാഭിമാനിയെ ദേവതയെ പ്രാപിക്കുന്നില്ല ആ തൈഹാവി തഥവയോ ഭൂതാനം ദക്ഷിണായന മാർഗാനം പ്രാപ്തി ശ്രുത്വ ഇവിടെ എന്ത് ചെയ്യുന്നു ആ ദക്ഷിണായന മാർഗമാസങ്ങളുടെ പ്രാപ്തി ചിന്തിച്ചിട്ട് തഥവയോവിന സംവത്സരശ്യാവി പൂർവ് ആപന്ന ഇത താപ്തി പ്രതിഷിദ്ധ്യത അതുകൊണ്ട് ഇവര് ഈ സംവത്സര അഭിമാനിയായ ദേവതയെ പ്രാപിക്കും അങ്ങനെ പ്രാപിച്ചു കഴിഞ്ഞാൽ നേരെ സൂര്യലോകത്തിലേക്ക് പോകും അതായത് ബ്രഹ്മലോകത്തിലേക്ക് പോകും അവരവിടെ ചെന്ന് തിരിയുന്നു എങ്ങനെ മാസ്യ പിതൃലോകം അങ്ങോട്ട് തിരിയൂ ഇതാണ് ചോദിച്ചത് ഈ ദക്ഷിണായന മാർഗത്തിലൂടെയും ഉത്തരായണ മാർഗത്തിലൂടെയും പോകുന്നവരെവിടെ ചെന്നാണ് തിരിഞ്ഞു പിതോകാശം അന്തരീക്ഷ ബ്രാഹ്മണാ ചന്ദ്രമസം അന്നം ഇന്ദ്രാദേവ് ഭക്ഷയ ഇവിടെ ഈ സത്കർമ്മങ്ങളെല്ലാം ചെയ്ത് കാണാം അവസാനം ചന്ദ്രലോകത്തിലെത്തിക്കഴിഞ്ഞാലോ സോമു രാജ അത് സോമുരാജ ബ്രാഹ്മണാനൊക്കെ ഭക്ഷ്യകാലം കൂട്ടിച്ചേർക്കുന്നു എല്ലാ കാര്യത്തിലും ബ്രാഹ്മണൻ ഇരുന്നോട്ടെ തത് അന്നം ദേവാന അതെന്താണ് ശ്രുതിലഥ അങ്ങനെയുള്ള ശബ്ദങ്ങളൊന്നും എല്ലാം തിരികെ കയറ്റുന്നു ം ദേവാനാം ദേവന്മാരുടെ അന്നമായി തീരുന്നു അവർ പറയുന്നുലോകം പൃഥ്വിലോകാശം ആകാശ ചന്ദ്രമസം സോമു രാജാ തദ്ദേവാനം അന്നം ദേവന്മാരുടെ അന്നമായി തീരുന്നു എന്നു പറഞ്ഞാലെന്താണ് തം ചന്ദ്രമസം അന്നം ദേവ ഇന്ദിരാദി പക്ഷേ ഇന്ത്യ ചന്ദ്രലോകത്തിൽ എത്തിച്ചേരുന്ന ഈ ജീവന്മാരെ ദേവന്മാർ ശാപടുന്നു എന്നാണ് ഇന്ദ്രാദിയോ പക്ഷയന്തി ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കിടന്ന് സത്കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് അപ്പോരാത്രം പണിയെടുത്തിട്ട് മരിച്ചു കഴിഞ്ഞാൽ എന്താ അവിടെ ചെന്നുമ്പോ അവര് പിടിച്ചിട്ടില്ലെന്നാണ് ഭക്ഷിക്കുന്നു അത് സ്ത്രേഘുമാതിന് അകത്തു ചന്ദ്രഭൂത കർമ്മിണ പക്ഷന്തി അങ്ങനെ കർമ്മികൾ ധൂമമാർഗത്തിലൂടെ സഞ്ചരിച്ച് ചന്ദ്രലോകത്തിലെത്തി കഴിഞ്ഞാൽ ദേവന്മാർ ഭക്ഷിക്കുന്നു എന്നു അനർഥായ ഇഷ്ടാധികരണം അന്നഭൂത ദേവീർ ഭക്ഷീരൻ പറയുന്നു ഇത് വലിയ കഷ്ടമാണല്ലോ അഗിനോത്രാദി വൈദിക കർമ്മങ്ങൾ ചെയ്തു ലോകത്തിനുപകാരമുള്ള കർമ്മങ്ങൾ ചെയ്തു പരിചരണം പരിത്രാണം തുടങ്ങിയ സത്കർമ്മങ്ങൾ ചെയ്തു എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം ദേവന്മാർ പിടിച്ച് ഭക്ഷിക്കുന്നു അതിനാണോ ഇവിടെ ഇത് ചെയ്തത് ചോദിക്കുകയാണ് സ്വാഭാവികമായും ചോദിച്ചു പോകും പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ആരെങ്കിലും സത്കർമ്മം ചെയ്യും സത്കർമ്മത്തിന്റെ ഫലം മോശമാണെന്ന് തോന്നാൻ അവന് പറയുന്നു അങ്ങനെ ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല എന്തുകൊണ്ട് അന്നമിത്യം ഉപകരണ മാത്ര വിവക്ഷിതർത്തുക അന്നമെന്ന് പറഞ്ഞാൽ ഉപകരണമെന്നുള്ള അർത്ഥം എടുത്താൽ എന്ന് പറഞ്ഞാൽ എന്താണ് ദേവന്മാരുടെ ഭോഗത്തിന് ഉപകരണമായിത്തീരുന്നു ഇവിടെ ചെല്ലുന്നവരവിടെ ചന്ദ്രലോകത്ത് ചെന്നു കഴിഞ്ഞാൽ അവർ അവിടെ സുഖിക്കുന്നുണ്ട് അവർക്ക് അവിടെ സുഖം തന്നെയാണ് ദുഃഖം പക്ഷേ ദേവന്മാര് അവരുടെ സുഖത്തിന് ഇവര് ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇവിടെ ഇവർ പണി ചെയ്ത് ശീലിച്ചവരാണ് അവിടെ ചെന്നുകഴിഞ്ഞാൽ അവിടെ പണിക്കാവേണ്ട ആവശ്യമുണ്ട് ദേവന്മാർക്ക് അവിടെ ചെന്നു കഴിഞ്ഞാൽ തന്നെ ഓരോരുത്തര് ഓരോ ജോലിയിലേർക്കും അവരുടെ കാല് തടവാനും കൈ തടവാനും ഒക്കെ നഹിത്തെ കേവല ഉക്ഷേപീണ ദേവികർ ഭക്ഷണ അവര് ദേവന്മാരെ പിടിച്ച് വാക്യാകത്ത് വെച്ച് ഭക്ഷിക്കുന്നു എന്നുള്ള അർത്ഥമുണ്ടോ അതൊന്നും ചെയ്യത്തില്ല തിന്നുകളയത്തില്ല കിം ദഹി ഉപകരണം മാത്രം ദൈവാനാം ഭൗതി ദേവന്മാർ അഭൃത്യന്മാരും മറ്റും ആകുന്നു പക്ഷെ അവിടെ നല്ല ഭക്ഷണവും നല്ല ശമ്പളവും ഒക്കെ കിട്ടും അതുകൊണ്ട് ദുഃഖമില്ല അവിടെ സന്തോഷമായിട്ടവിടെ ജീവിക്കാം പക്ഷെ എന്നാലും ദേവന്മാരുടെ ഉപകരണമാകുന്നു എന്തുകൊണ്ട് കർമ്മം ചെയ്യും അതുകൊണ്ട് കർമ്മം ചെയ്യരുതെന്നല്ല ഉപാസന കൂടെ വേണമെന്നാണ് ഉപാസന ഉണ്ടെങ്കിൽ അബദ്ധം പറ്റത്തില്ല കേവല കർമ്മം ചെയ്യുന്നവർക്ക് സത്കർമ്മം ചെയ്യുന്നവർക്ക് ഇതാണ് കിൻദർ ഹി ഉപകരണം മാത്രം ദേവാന ഭവാന്തി പശുഭൃത്യാധിപത് ഇവിടെയാണ് ചെറിയ അപകടം പതിഞ്ഞിരിക്കുന്ന സ്ഥലം ഭാഷകാരന്റെ സ്വന്തം സംഭാവനയാണ് മന്ത്രത്തിലൊന്നു ഈ ഉപകരണം എന്ന് വെച്ചാൽ എന്താണ് സുഖത്തിലുള്ള ഉപകരണം അത് എങ്ങനെ മനസ്സിലാക്കുന്ന സുഖത്തിന്റെ ഉപകരണമെന്ന് പറയുന്നത് അതിന് മൂന്ന് പേരെ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് സ്ത്രീ സ്ത്രീ എന്ന് പറയുന്നത് സുഖത്തിന്റെ ഉപകരണമാണ് വിശദീകരിക്കുന്നുണ്ട് ഞാൻ വിശദീകരിക്കുന്ന കൂടാതെ പശു മൃഗങ്ങൾ പശു എന്ന് നമ്മുടെ പശുവല്ല പശു സ്ത്രീ എങ്ങനെ ഉപകരണമാകുന്നു പുരുഷന്റെ സുഖത്തിൻ്റെ ഉപകരണമാണ് സ്ത്രീ ലോകത്തിൽ അങ്ങനെയാണ് പശു മൃഗങ്ങളെന്ന് പറയുന്നത് ആന കുതിര ഒക്കെ സവാരിക്ക് ഉപകരിക്കാൻ കഴുകുക പശു ഇതൊക്കെ പാല് കറങ്ങാൻ സുഖത്തിന് ഉപകരണമാണ് ഭൃത്യൻ രാജാവിന്റെ ഉപകരണമാണ് രാജാവ് ഭൃത്യനുകൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നു ഈ ലോകത്തിൽ സ്ത്രീയും പശുവും ഭൃത്യനുമെല്ലാം സുഖത്തിന്റെ ഉപകരണങ്ങളെന്നാണ് നമ്മുടെ ഭാഷകാരന്റെ പക്ഷം ഇത് ഇന്ന് സ്ത്രീകൾ അംഗീകരിച്ചു കൊടുക്കും സംവദിച്ചു കൊടുക്കുമോ സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്റെ സുഖത്തിനുള്ള ഒരു ഉപകരണം മാത്രമാണ് തോന്നുന്നത് ഭാഷകാലം പറഞ്ഞാലല്ല ആരും പറഞ്ഞാലും അംഗീകരിക്കത്തില്ല പക്ഷെ അന്നത്തെ കാഴ്ചപ്പാട് ഇതായിരുന്നു എന്ന് പറയുമ്പോൾ ഇതും കാര്യം പറഞ്ഞാലുള്ള ഒരു വിവാദമാണ് പറയണോ പറയണ്ടേ ഞാൻ ആലോചിക്കുന്നു എന്തായാലും പറയാം വ്യാഖ്യാനം വ്യാഖ്യാനത്തെ കുറിച്ച് പറയുന്ന എന്താണ് പദശ്ചേത പദാർത്ഥോക്തി വിഗ്രഹവും വാക്യയോജന ആക്ഷേപച്ച് സമാധാനം വ്യാഖ്യാനം ഷ്വിധം അതും വ്യാഖ്യാനിക്കുന്നവര് ഈ പറയുന്ന എല്ലാം പാലിക്കണമെന്നാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാണ് ആക്ഷേപവും സമാധാനവും വ്യാഖ്യാനത്തിൽ എന്തെങ്കിലും പൂർവ്വ വർഷങ്ങളുണ്ടെങ്കിൽ അതിനെ ഉന്നയിച്ച് അതിന് സമാധാനം പറയണം അത് വ്യാഖ്യാനത്തിന്റെ ശൈലിയാണ് എന്ത് ജോലി ഇത് വ്യാഖ്യാനിക്കുകയാണ് അപ്പം ഇതിൻ്റെ വരുന്ന ആക്ഷേപങ്ങളും സമാധാനങ്ങളും പറഞ്ഞേ പറ്റൂ അപ്പം സ്ത്രീ ചേർത്തിരിക്കുന്ന പശുവിനോട് മൃഗത്തോടാണ് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ആരും കഷിക്കാർ മന്ത്രത്തിലല്ല അത് വൃത്തി ശ്രദ്ധിക്കും അടുത്ത ജന്മത്തെക്കുറിച്ചൊക്കെ പറയും ദുഷ്കർമ്മം ചെയ്യുന്നവൻ ചണ്ടാളനായി ജനിക്കുമെന്നും പറ്റുന്ന പറയും അത് വേറെ വിഷയം ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറയുന്ന സന്ദർഭം എന്താണോ സുഖ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് മൃഗത്തോടൊപ്പം ചേർത്തിരിക്കുന്ന സ്ത്രീയാണ് അപ്പൊ സ്ത്രീക്ക് സമൂഹത്തിൽ സ്ഥാനം എന്ന് പറയുന്നത് ഇത്രയുണ്ട് സുഖത്തിന്റെ ഉപകരണം അല്ല പുരുഷന്റെ ഈ പറഞ്ഞിരിക്കുന്നത് ന്യായമാണോ എന്നുള്ളതാണ് ന്യായം എന്തെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും ഇതിനെ പലരും വ്യാഖ്യാനിക്കുന്നു പലതരത്തിൽ എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു അതാണ് ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് അതുകൊണ്ടുതന്നെ ഞാനും ഇത് അങ്ങനെ പറഞ്ഞു ശരിയാണോ സ്ത്രീ പുരുഷന്റെ സുഖത്തിന്റെ ഉപകരണമാണെന്ന് അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുകയാണ് രജിസർപ്പം എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം സങ്കല്പ്യമുണ്ട് ചെല്ലു പറയുന്നത് ഇത് അന്നത്തെ കാലത്തെ രീതിക്ക് പറഞ്ഞാണ് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ സങ്കല്പിച്ചിരുന്നു ആ കാലത്തിനനുസരിച്ച് പറഞ്ഞു പോയതാണ് അതും ശരിയല്ല എന്നാണ് മറുപക്ഷം പറയുന്നത് ഞാൻ പറയുന്നതെന്ന് എന്റെ അഭിപ്രായം പല പക്ഷങ്ങൾ കേട്ടിട്ട് കുറവക്ഷങ്ങള് സമാധാനങ്ങൾ ഞാൻ കേട്ടത് പറയുന്ന വരികയാണ് ഞാൻ പറയുന്ന വെച്ചാൽ എന്നോട് ഇവരും അതണ്ടോ അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ അങ്ങനെ ഒരു ഉപകരണമായിരുന്നു അതുകൊണ്ട് പറഞ്ഞതെന്നാണ് പക്ഷെ അന്നത്തെ കാലഘട്ടത്തിലും അങ്ങനെ ആയിരുന്നില്ല അങ്ങനെ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് ഇവിടെ ഭാഷകാരനും ആയിക്കോട്ടെ സ്ത്രീ ഒരു ഉപകരണമായിക്കോട്ടെ അത് അതുകൊണ്ടാണ് പറയുന്നത് വേറെ രീതിയിൽ പറയുന്നതാണ് സ്ത്രീ ശൂദ്രാദി ഭക്ഷ്യകാല സ്ഥലം പ്രേമിക്കുന്നത് സ്ത്രീയും ശൂദ്രനും ഒരുപോലെയാണ് അത് സ്ത്രീയെന്ന് പറയുമ്പോ അത് ബ്രാഹ്മണ സ്ത്രീയോ ക്ഷത്രിയ സ്ത്രീയോ വൈശ്യ സ്ത്രീയോ ആരായാലും ശരി സ്ത്രീയാണോ ശൂദ്രനോടുകൂടി കൂട്ടിക്കെട്ടേണ്ട ഒന്നാണ് ശൂദ്രനാണെങ്കിലോ അധമനാണ് ഇവിടെ സ്ത്രീയെ കൂട്ടിക്കെട്ടിയിരിക്കുന്ന എന്തിനോട് മൃഗത്തോട് സ്ത്രീയും മൃഗവും ഒരുപോലെയാണ് രണ്ടും സുഖത്തിന്റെ പൗർണമാണ് അപ്പൊ ത്രികാലജ്ഞാനിയായ ശങ്കരാചാര്യത് പറയുമ്പോ എന്താണ് മൈക്കോഫ് ചെയ്യാൻ പോവണം അത് പറയുമ്പോ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ ഞാൻ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ പറയും പറയത്തില്ല എന്നാലും പറഞ്ഞിരിക്കുന്നു ഇത് ശരിയല്ല ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് സമൂഹത്തിന് വളരെ ഉന്നതമായൊരു സ്ഥാനം ഉണ്ടായിരുന്നു വെറും പുരുഷന്റെ ഉപകരണമായിരുന്നില്ല ഇത് എഴുതി വെച്ച് ആരാധന ശരി അതറിയാവുന്ന എഴുതി വച്ചത് ഭാഷകാരനും ഇനി മറ്റാരെങ്കിലും ആയിക്കൊണ്ടിട്ട് എന്നിട്ട് ഇത് എഴുതി വെച്ചിത് പ്രചരിപ്പിച്ചു പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഈ ആശയം വരുന്നുണ്ട് സ്ത്രീ പുരുഷന്റെ ഉപഭോഗ സാധനമാണത് അങ്ങനെ പ്രചരിപ്പിച്ചെന്ത് ചെയ്യുന്നു ഇപ്പൊ ഇതിനെ ഇത് ശരിയെന്ന് പറയുന്ന പുരുഷന്മാരില്ല സ്ത്രീകളായി മാറി സ്ത്രീയുടെ മനസ്സിൽ തന്നെ അടിമത്തം വന്നു അത് ശരിയായിരിക്കും ഇത് മനഃപൂർവ്വം പ്രചരിപ്പിച്ചാണ് പക്ഷെ അതിനെ സ്ത്രീകൾ തന്നെയും ചെയ്യുന്നു അതിനീകരിച്ചു അത് അങ്ങനെയാണല്ലോ പഴക്കങ്ങൾ അത് കേട്ട് കേട്ട് കേട്ട് കേട്ട് കേട്ട് സ്ത്രീയുടെ മനസ്സിൽ തന്നെ വിചാരമാണ് അതിന്റെ ഭാഗമായിട്ടതാണ് സ്ത്രീകൾക്ക് വേദാധ്യയനം മറ്റും നിഷേധിച്ചത് സ്ത്രീകൾക്ക് വേദാധ്യയനം നിഷേധിച്ച് മാത്രമല്ല സ്ത്രീകൾ സ്വയം തീരുമാനിച്ച് ഞങ്ങൾക്ക് വേദാധ്യനമൊന്നും വേണ്ട അതിനവരവരുടേതായ സമാധാനവും പറയും ും പാടുള്ളതല്ല അപ്പോ അതെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാല് സ്ത്രീയെ ഉപകരണമാക്കാൻ പറ്റും സ്ത്രീകൾ വേദാധ്യയനം ചെയ്തിരുന്നു എന്നുള്ളതിന് ഒരുപാട് പ്രമാണങ്ങളാണ് ഇതെല്ലാം അറിയാവുന്ന ഒരാളാണ് ഈ ഭാഷ വ്യതിയിരിക്കുന്നത് അതാണ് ഏറ്റവും വ്യതിക്തമായ ആരായത് ശാസ്ത്രത്തിന് അതിന് പ്രമാണമുണ്ട് സ്ത്രീകൾ അല്ല വേദാധ്യയനം ചെയ്തിരുന്നു മാത്രമല്ല വേദം പഠിപ്പിച്ചിരുന്നു എന്നുള്ളതിന് പ്രമാണമുണ്ട് വേദം പഠിപ്പിച്ചിരുന്നെന്ന് മാത്രമല്ല വൈദിക കർമ്മങ്ങൾ സഹിതം വൈദിക കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വരെ സ്ത്രീകൾ പഠിപ്പിച്ചിരുന്നു അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു അത് ആ പാണിനി എന്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണെങ്കിൽ വിശവ് വരാം പാണിനിയുടെ ഒരു സൂത്രമുണ്ട് കും യോഗാദ്യായ ഗോപൻ ഗാഹപാലി ഗോപഹ പശുക്കളെ മേക്കുന്നവനാണ് ഗോപൻ ഗോപന്റെ ഭാര്യ എങ്ങനെ വിളിക്കും ആ ശബ്ദത്തിന്റെ വിൽപ്പത്തിക്ക് വേണ്ടിയിട്ടാണ് പാണിനി സൂത്രം ഉണ്ടായിരുന്നു അഖ്യായം ഗോപന്റെ സ്ത്രീ ഗോപി ഗോപശബ്ദത്തിന് ഈശ എന്നൊരു പ്രത്യേകം വിളിച്ചു കഴിഞ്ഞാൽ ഗോപി എന്നുള്ള ശബ്ദ ശ്രദ്ധിക്കും അതിന്റെ അർത്ഥം എന്താണ് ഗോപന്റെ സ്ത്രീ മറ്റു ഗോപിന്റെ ഭാര്യ ഗോപി ശബ്ദശാസ്ത്രമാണ് ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ഞാൻ തുടർന്ന് വരുന്ന ഭാഗം കൊണ്ട് നീത എന്നൊക്കെ പറയുന്ന സൂത്രങ്ങളെല്ലാം ഇത്രീപ്രാണു അഷ്ടാധ്യായ മൂന്നാമത്തെ അധ്യായം പണിനി അഷ്ടാധ്യായ പഠിക്കുന്നു പഠിക്കുന്ന എല്ലാണ് തലക്ക് കുറച്ച് കളിച്ചു അപ്പൊ അവിടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ നിർവാർത്തിയുമുണ്ട് അധ്യാപിക തത്രത് ഈഷ്വാ വാക്യം ഇത് അത്യനം പറയുന്നു ഇതെല്ലാം എന്റെ ഓർമ്മയിൽ നിന്ന് പറയാണ് ആരാണോ സ്വയം അധ്യാപനം ചെയ്യുന്നത് അവിടെ നീഷ്പത്യം വികല്പമായിട്ട് വിധിക്കുകയാണ് ഉപാധ്യായ ഉപാധ്യായീ ശബ്ദം വരുന്നുണ്ട് ഉപാധ്യായ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിരുന്നു പണ്ട് ഉപാധ്യായി രണ്ടിന്റെ അർത്ഥം എന്താണോ വേദം പഠിപ്പിക്കുന്നവെന്നാണർ മറ്റു ശാസ്ത്രങ്ങളെന്ന് പറഞ്ഞ വേദന്തൻ പണ്ട് ഉപാധ്യായും ഉപാധ്യായി എന്ന് പറയുന്ന സ്ത്രീകളുണ്ടായിരുന്നു വേദം പഠിപ്പിക്കുന്നത് അതിന്റെ വിത്പത്തി പറയുന്നത് എന്താണോ ഉപ അസ്യ ഉപാധ്യായ അവളുടെ സമീപം പോയി പഠിക്കുന്നു അതുകൊണ്ടാണ് ഉപാധ്യായെന്ന് പറയുന്നത് ശിഷ്യന്റെ അടുത്ത് പോയി പഠിപ്പിക്കുകയല്ല ശിഷ്യന്മാരെ വേദം പഠിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ അടുത്ത് പോയി പഠിപ്പിക്കുന്നു അതാണ് ഉപാധ്യായെന്ന് പറയുന്നു തുടർന്ന് വരുന്നുണ്ട് ആചാര്യ അണത്തഞ്ച ആചാര്യ ാനീന്ന് പറഞ്ഞാൽ എന്താണോ ആചാര്യന്റെ ഭാര്യ ആചാര്യന്ന് പറയുന്ന ശബ്ദമുണ്ട് ആ എങ്ങനെ ആചാര്യെന്ന് പറയുന്ന ശബ്ദം പറയുന്നത് സ്വയം വ്യാഖ്യാത്രി സ്വയം പഠിപ്പിക്കുന്നവൾ ആചാര്യാനീ എന്ന് പറഞ്ഞു ആചാര്യന്റെ ഭാര്യയാണ് പക്ഷെ ആചാര്യ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം സ്വയം പഠിപ്പിക്കുന്നവൾ ആചാര്യൻ എന്ന് പറഞ്ഞാൽ എന്താണോ ഉപനീയം ഉപനയനം ചെയ്യിപ്പിച്ചു വേദത്തെ പഠിപ്പിക്കുന്നു അധ്യാപയം പ്രതക്ഷത ആചാര്യം എന്ന് പറയുന്നത് ഉപനയനം ചെയ്യിച്ച് വേദം പഠിപ്പിക്കുന്നു പഠിപ്പിക്കുക അങ്ങനെ സകൽപ്പം കല്പശാസ്ത്രം എന്നിട്ട് വേദവിധാനങ്ങളുടെ എങ്ങനെയാണ് അഗ്നിഹോത്ര കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഏത് സമയത്ത് ചെയ്യണം അതിനെന്തെല്ലാം ഉപകരണങ്ങൾ ഈ കാര്യങ്ങളെല്ലാം സഹിതമായി പഠിപ്പിക്കുന്നു വേദസും ഉപനിഷത്തും പഠിപ്പിക്കുന്നു വേദാന്തവും അതാണ് ആചാര്യം അപ്പോ ആചാര്യ എന്ന് പറഞ്ഞാലോ ഇത് പഠിപ്പിക്കുന്ന സ്ത്രീ അതാണ് ആചാര്യ അപ്പോ പഴയകാലത്ത് സ്ത്രീകൾ വേദം പഠിപ്പിക്കുക മാത്രമല്ല വൈദ്യ കർമ്മങ്ങൾ കല്പശാസ്ത്രം കല്പസൂത്രം അതുൾപ്പെടെ വേദാന്ത ഉൾപ്പെടെ പഠിപ്പിച്ചിരുന്നു ഇത് ഇത്തരം ശബ്ദങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് സൂത്രകാരനും വാർത്തയകാരനും ഭാഷകാരനും ഒക്കെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്ത് എന്നിട്ട് ഇത് അംഗീകരിക്കാൻ നിവർത്തിയില്ല വേദവും വൈദിക കർമ്മങ്ങളും സ്ത്രീകൾ പഠിപ്പിച്ചിരുന്നു എന്നാണ് പഴയകാലം അത് നമുക്ക് പ്രസിദ്ധമായ ഉദാഹരണം ഗാർഗയുടെയും മൈത്രിയും കൂടെയുണ്ട് പക്ഷെ ഒരു നമ്മുടെ ശാസ്ത്രമനുസരിച്ച് അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതങ്ങനെ നടന്നിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇതുപോലെയുള്ള ഭാഷ്യകാരന്മാർ ഇത്തരം സ്മൃതിയും ഒക്കെ ദ്രുവ്യാഖ്യാനം ചെയ്തിട്ടാണ് സ്ത്രീയെ ഉപകരണമാക്കിയത് ഇത് ഇത് മാത്രമല്ല സ്മൃതി പറയുന്ന ഒരു ഉദാഹരണം മാത്രം ഞാൻ പറംബന്ധിച്ച് പറയുമ്പോൾ ഭർത്താവ് മരിക്കുക അല്ലെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും ദോഷം തരുക ക്ലീബത്വം പോലെയുള്ള ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീക്ക് വിവാഹം കഴിക്കാം രണ്ടാം വിവാഹം അതിനെക്കുറിച്ച് സ്പഷ്ടമായി പറയും സ്മൃതി വിവാഹമാകാം പക്ഷെ അത് വ്യാഖ്യാനിച്ചാണ് ഭാഷ്യകാരൻ അവിടെ എഴുതിയ സെന്താണ് പാടില്ല അത് ചോദിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീക്ക് പുനർവിവാഹം ആകാമെന്ന് വിജയ പണ്ഡിതനാണ് വ്യാഖ്യാനിച്ചത് ഭാഷകാരൻ ഏതോ ഒരു ഭാഷ അതൊക്കെ ഇപ്പോഴത്തെ കാര്യമുണ്ട് പൂർവ്വയുഗങ്ങളിൽ ഉള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഈ യുഗത്തിലത് പാടില്ല ഈ സ്മൃതി എഴുതിയത് യുഗത്തിലാണ് അതിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് ആ സ്മൃതി പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ യുഗത്തിന് വേണ്ടിയാണ് ഈ ഒരു കാര്യം മാത്രം പൂർവ്വയുഗത്തിന് വേണ്ടി അങ്ങനെ നിർലജമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇപ്പൊ വ്യാഖ്യാതാക്കളാണ് ഈ കുഴക്കുന്നതല്ല വാസ്തവത്തിൽ അത് വ്യാഖ്യാനത്തിൽ ഇത് സാധിക്കാൻ പറ്റില്ലെങ്കിൽ എല്ലാവരും അവിടെ എഴുതി കേട്ടു തിരികെ കേട്ടു ഇങ്ങനെയുള്ള സംബന്ധങ്ങൾ അത് ഇവിടെ സംഭവിച്ചിരിക്കുന്നു സ്ത്രീ ആചാര്യായിരുന്നു വേദവും വൈദിക കർമ്മങ്ങളും പഠിപ്പിച്ചിരുന്നു എന്നുള്ളതിന് വ്യക്തമായി തെളിവിരിക്കെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പിൽക്കാലത്ത് ഒന്ന് എഴുതി വെച്ചിരുന്ന പുരേഷണം അധ്യാപനം ചവേദാന സാവിത്രി വചനം തഥ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ഇപ്പോഴെന്നുള്ള കാര്യമല്ല പൂർവ യുഗങ്ങളിൽ ഏതോ യുഗത്തിൽ സംഭവിച്ച ഈ ഗ്രന്ഥം എഴുതിയുഗത്തിൽ ാനം വേദിയാണ് ഈ യുഗത്തിൽ ഈ സംഭവം നടന്നത് എണ്ണം ഏതോ പഴയ എന്താണ് ഇത് അവിടെ അംഗീകരിക്കുന്നുണ്ട് എന്താണോ മൂച്ചിബന്ധനം ഉപനയനം മാത്രമല്ല പോണതോണി ധരിക്കുക യജ്ഞോ വീതം ധരിക്കാം സ്ത്രീക്ക് അധ്യാപനിച്ച വേദാന വേദത്തെ പഠിപ്പിക്കാം സാപത്രി വേദന നിത്യവും ഗായത്രി ഇതെല്ലാം സ്ത്രീക്ക് അംഗീകരിച്ച കാര്യമാണ് പക്ഷെ വ്യാഖ്യാതാവിനെ അതുകൊണ്ട് സമ്മതിക്കാൻ പറ്റും അതെങ്ങനെ സമ്മതിക്കും കാരണം സ്ത്രീ എന്ന് പറയുന്നത് സുഖോപകരണമല്ല അത് സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഏതോ പഴയ യുഗങ്ങളിലെ കാര്യമാണ് ഇപ്പോഴൊന്നും ഉള്ളതല്ല ഈ പഴയ യുഗത്തിലാണെന്ന് ഇയാൾക്ക് എവിടുന്നു കിട്ടി അതറിയത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള അസംബന്ധങ്ങൾ ഇങ്ങനെ എഴുതി പറഞ്ഞ് പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് സ്ത്രീയുടെ മനസ്സിൽ എന്താണ് നമുക്കതൊന്നും പഠിക്കാൻ പാടില്ല അതിനൊരു യുക്തിയും പറയും അത് സ്ത്രീകളും പറയും പുരുഷന്മാരും പറയും ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള എന്താണ് അത് സ്ത്രീകൾക്ക് അശുദ്ധിയുണ്ടാവും അപ്പോൾ ഇതൊന്നും പഠിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ആചാര്യന്മാർ വേദം പഠിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് സാധാരണ പറഞ്ഞു വരുന്ന ഒരു പൊട്ടത്തരാണ് അങ്ങനെയാണെങ്കിൽ ഈ പഴയ കാലത്ത് എങ്ങനെ സ്ത്രീയെ വേദം പഠിപ്പിച്ചു എങ്ങനെ കർമ്മകാണ്ടം പഠിപ്പിച്ചു അന്ന് സ്ത്രീക്ക് അശുദ്ധിയില്ലായിരുന്നു ഇന്ന് സ്ത്രീകൾ തന്നെ പറഞ്ഞാൽക്കുന്ന കാര്യമാണ് പുരുഷന്മാർ മാത്രമാണ് പിന്നെ ഇത്തരം വ്യാഖ്യാനങ്ങളെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ശുദ്ധ ബുദ്ധികളെന്ന് പറയുന്ന മണ്ടന്മാർ അവരും പറയുന്നതാണ് സ്ത്രീക്ക് അശുദ്ധിയുണ്ട് അത് യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് കാരണം ഉപനയനം ചെയ്യുന്നത് അഞ്ചാമത്തെ വയസ്സിലാണ് പത്ത് പന്ത്രണ്ട് വയസ്സിനും വേദം മുഴുവൻ പഠിച്ചു തീരും അപ്പം എങ്ങനെയാ സ്ത്രീ വേദം പഠിക്കുന്നതിന് സ്ത്രീത്വം തടസ്സമാകുന്നു ഒരിക്കലും ഇല്ല ഇനി അത് കഴിഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അത് മാത്രമല്ല അങ്ങനെ പറയണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാം ഒന്നും പറഞ്ഞാ മനസിലാകത്തില്ല മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ ആ സാമീരെന്നെന്തോ അബദ്ധം പറഞ്ഞെന്ന് പറയും പത്തിനോ യജ്ഞസം ഗെ പണ്ഡിയുടെ ഒരു സൂത്രമോ പൂർവവിമാനം ചെയ്ത് ജൈമിനിയുടെ സൂത്രത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ സമർപ്പിക്കുന്നുണ്ട് ദമ്പത്യോഹോ സഹ അധികാര യജ്ഞത്തിൽ ദമ്പതിമാർക്ക് തുല്യമാണ് അധികാരം വശിഷ്ട പത്നി പതിശബ്ദത്തിൽ നിന്ന് പത്നി ശബ്ദം ഉണ്ടാകുന്നതാണ് എന്താണ് പത്നിയെന്ന് വിളിക്കാൻ കാരണം പറയുന്നു യജ്ഞത്തിൽ ദമ്പതികൾക്ക് തുല്യ അധികാരമാണ് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ അധികാരമാണ് പുണ്യഫലം രണ്ടുപേർക്ക് ഒരുപോലെ ലഭിക്കുന്നത് യജ്ഞത്തിൽ സ്ത്രീ ചൊല്ലേണ്ട മന്ത്രങ്ങളുണ്ട് വേദത്തിൽ സ്ത്രീക്ക് വേദം പാടില്ലെന്ന് പറയുന്നത് ഒരു സ്ത്രീ ചൊല്ലേണ്ട മന്ത്രം പറഞ്ഞിരിക്കുന്നു കർമ്മത്തിൽ പത്നി സഹിതനായി തന്നെയിരിക്കണം യജമാൻ സൂന്ദരന് യജ്ഞത്തിന് അധികാരമുണ്ടെന്ന് പറയുന്നതുപോലെ തന്നെ സ്ത്രീക്ക് യജ്ഞത്തിന് അധികാരമുണ്ടെന്ന് പറയുന്നത് ഒരുപാട് പ്രമാണങ്ങളുണ്ട് ഭാഷാശാസ്ത്രത്തിനും മീമാംസാ ശാസ്ത്രത്തിനും ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് മീമാംസാ ശാസ്ത്രത്തിനും ഭാഷാശാസ്ത്രത്തെ പിന്തുടർന്നാണ് ഇതൊക്കെ സമർത്ഥിക്കുന്നത് ദമ്പതികൾക്ക് സഹാധികാരമാണ് ജായാച്ച പതിഷ്ഠ ദമ്പതി അനു വരെ അർത്ഥം പറയാൻ പറ്റില്ല ഭർത്താവിനെയും ഭാര്യയുമാണ് ദമ്പതി എന്ന് പറയുന്നത് ഇത്രയൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട് എന്നിട്ടും പറയുന്ന എന്താണ് ഇത്രയും സുഖോപകരണമാണ് ഇനി ഇത് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് സ്ത്രീ പശുഭൃത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവിടെ സ്ത്രീയല്ല ഉദ്ദേശിക്കുന്നു പിന്നെന്താണ് സ്ത്രൈണം പറയും സ്ത്രീയുടെ സ്വഭാവം ഈ സ്ത്രൈണം പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ ഈ പറയുന്നു അറിയത്തില്ല അറിഞ്ഞാൽ അത് പറയത്തില്ല സ്ത്രീ പുംസാഭ്യം നഞ്ചു ഭാവാ ഞാനിന്നറിയാതെ വ്യാകരണത്തിലേക്ക് പോവുകയാണ് സ്ത്രീ ശബ്ദത്തിൽ നിന്ന് പ്രത്യേകം വരുന്ന ഭാവാർത്ഥത്തിലാണ് എന്താ ഭാവം പ്രകൃതിജന്യ ബോധി പ്രകാരോ ഭാവ ഭാഷകാരം പറയുന്ന എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഒരു വസ്തുവിന്റെ അസാധാരണത്വം അതാണ് ഭാവം അതാണ് ഭാവം എന്ന് പറയുന്നത് ഇപ്പൊ സ്ത്രീ ശബ്ദത്തിൽ നിന്ന് സ്ത്രീയുടെ അസാധാരണ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രൈണ എന്ന് പറയുന്ന ശബ്ദം സ്ത്രീയുടെ ഭാവം സ്ത്രൈണം അപ്പൊ അതിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് അല്ല സ്ത്രീ ഉദ്ദേശിച്ചല്ല എന്ന് പറയുന്നത് അതും അസംബന്ധമാണ് കാരണം എന്താണ് സ്ത്രീയുടെ ഭാവം ചിലവർ എന്താണ് സ്ത്രീക്ക് ലജ്ജ ഭയം തുടങ്ങിയ തകരാറുകളുണ്ട് അതുകൊണ്ട് അത് ഉള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ് സ്ത്രീ എന്ന് പറയുന്നത് അത് ഇവിടെയല്ല പറയുന്നത് സ്ത്രീയോ വൈശിസ്ഥത ദേവികാന്തി പരാഗതിയും എന്ന ഗീതയിലൊരു സൗന്ദര്യം ഉണ്ടല്ലോ അവിടെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീ ശുദ്ധാസംബന്ധങ്ങളാണ് വ്യാഖ്യാനങ്ങളൊന്നും നിലനിൽക്കത്തില്ല കാരണം സ്ത്രീന്ന് പറഞ്ഞാൽ ലജ്ജ ഭയം തുടങ്ങിയ വികാരങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അത് പുരുഷനും ഉണ്ട് ഈ വികാരങ്ങളെല്ലാം മോശമൊന്നും പറയുന്നില്ല നല്ലതാണെന്നാണ് പറയുന്നത് കാരണം ധാർമ്മികനായ ഒരു വ്യക്തി അധർമ്മത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ലജ്ജ തോന്നും അത് നല്ലതാ ആ ലജ്ജയാണെങ്കിൽ അധർമ്മത്തിൽ പ്രവർത്തിപ്പിക്കാതെ എന്തിരിയ്ക്കുന്നു അതുകൊണ്ട് ലജ്ജ മോശപ്പെട്ട ഭയം ദൈവഭയമുള്ളയാള് ദൈവത്തെ നിന്ദിച്ച അയാൾക്ക് ഭയം തോന്നും അത് ദോഷമുള്ള വികാരമല്ല മോശപ്പെട്ട വികാരമല്ലേ അപ്പൊ അതുകൊണ്ട് അതൊക്കെ മോശമാണ് എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല പിന്നെ സ്ത്രൈണം എന്ന് പറയുന്നത് സ്ത്രീയുടെ ഭാവം സ്ത്രീക്ക് എത്രയോ ശ്രേഷ്ഠമായ ഭാവങ്ങളുണ്ട് മാതൃത്വം പോലെയുള്ള ഭാവം അപ്പൊ അതിന്റെ പേരിൽ സ്ത്രീയെ മോശമാക്കാൻ പറ്റും അപ്പൊ അത്തരം അടിസ്ഥാനരഹിതമായ വിവരക്കേടുകൾ എഴുന്നില്ലെങ്കിൽ ശൗദരനെ സംബന്ധിച്ച് ഇതൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനെയൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതിനെ അന്ധമായി ന്യായീകരിക്കുകയോ അന്ധമായി നിഷേധിക്കുകയോ ചെയ്യുന്നു ശാസ്ത്രത്തിനനുസരിച്ച് യുക്തിക്കനുസരിച്ച് പറയ പറയാണ് പൂർവ്വപക്ഷത്തെയും സമാധാനത്തെയും പറയാണ് അപ്പൊ സ്ത്രീയെ പശുവിനോട് മൃഗത്തോട് ചേർത്ത് കിട്ടുന്നതും ശുദ്ധ സംബന്ധമാണ് അതിന് യാതൊരു പ്രമാണവും ഉണ്ട് ഇത് ഇത് വരികയാളാരായാലും ശരി അയാൾ എന്താ വ്യാകരണവും മീമാംസകളൊന്നും പഠിക്കാത്ത ആളാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും പഠിക്കാതെല്ലാം പറ്റാൻ പറ്റത്തില്ല അപ്പൊ പഠിച്ചിട്ട് ഇങ്ങനെ എഴുതിയെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ് പഠിച്ചതെല്ലാം മനഃപൂർവ്വം മറച്ചു വെച്ചിട്ട് എഴുതി എന്നാ പിന്നെ ചിലത് പറയുന്നൊരു സമാധാനം ഉണ്ടാകും ആ കാലത്തിൽ ആ കാലത്തിൽ ഇതൊക്കെ ഇങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് ആ കാലത്തിൽ അങ്ങനെയല്ല എന്നാണ് ഇതുവരെ ഞാൻ പറഞ്ഞു കൊണ്ടത് ഞാൻ ആചാര്യ ഉപാധ്യായ അങ്ങനെ പല സ്ഥാനങ്ങളും സ്ത്രീകൾക്കുണ്ടായിരുന്നു ഏകദേശം ഉപാധ്യായ ശാസ്ത്രത്തിന്റെ അതായത് ഇന്നത്തെ ലെക്ചർ പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞു അതിന്റെ അറിവിന്റെ ഏറ്റവും വേറെ എന്ന നിലയിലെത്തുമ്പോൾ ആച്ച കുറച്ച് താഴെ ഏതെങ്കിലും ഒരു ശാസ്ത്രം പഠിപ്പിക്കാൻ ഭാഗം അത് ഉപാധ്യായ അങ്ങനെയൊക്കെ പഴയ ആ നിലയിലൊക്കെ സ്ത്രീകൾ എത്തിയിരുന്നു അങ്ങനെ വേദത്തിൽ തന്നെ അതിന് തെളിവുണ്ട് എന്നിട്ട് പിന്നെ അതിന് വേറെ രീതി പറയുക വ്യാഖ്യാനിക്കുക അത് മൃഗത്തെ പോലെ ആണ് സ്ത്രീ ഉപകരണമാണെന്ന് പറയുമ്പോൾ ഇതെന്നെ അറിഞ്ഞിട്ട് അങ്ങനെ എഴുതുമ്പോൾ അത് കാലത്തിൻ്റെയെന്ന് പറയാൻ പറ്റുന്നു ആ ഒരു കാലത്തിനങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് സ്ത്രീയെ ഉപകരണമാണ് അതുകൊണ്ട് എന്ത് സ്ത്രീ അതപ്പതിക്കുകയും ചെയ്തു സ്ത്രീയുടെ മനസ്സിൽ തന്നെ അടിമത്തമാണ് ഇത്തരം അഥമ സങ്കല്പങ്ങൾ വന്നു ധാനാശിദ്ധയാണ് തനിക്ക് വൈദികമായി ഒന്നും പാടില്ല എന്നൊക്കെയുള്ള വിചാരങ്ങൾ സ്ത്രീയുടെ ഉള്ളിൽ വന്നു അതിനിത് കാരണമായി തന്നെ അതുകൊണ്ടാണ് നമ്മൾ എന്നത് ചർച്ച ചെയ്തത് ഇതൊക്കെ പഴയ കാര്യങ്ങളല്ലേ വീട്ടുകള സ്വാമി എന്ന് പറഞ്ഞാലും വിടാൻ പറ്റത്തില്ല കാരണം ഇതുകൊണ്ട് ദോഷം വന്നു ഇനി അവസാനത്തെ ഒരേ രക്ഷാമാർഗം എന്ന് പറയുന്ന അതാണ് എന്താണ് ഇത് പിൽക്കാലത്ത് ഇതാരോ ഇവിടെ എഴുതി വെച്ചതാണ് അതാണ് അവസാനം ഒരു വഴി ഇതാണ് എഴുതി ചേർത്തതാണ് വാസ്തവത്തിന് ഇതൊക്കെ വായിക്കുമ്പോൾ ഞാനും അത് ആഗ്രഹിച്ചു പോയിട്ടുണ്ട് വ്യക്തിപരമായിട്ട് എഴുതി വെച്ചതായിരുന്നെങ്കിൽ കാരണം ഇത്രയും മഹത്തായ ഒരു ദർശനത്തെ അവതരിപ്പിച്ച് അവതരിപ്പിക്കുന്ന ഭാഷ അയോധ്യയാളിനോട് നമുക്ക് ബഹുമാനവും ആദരവുമൊക്കെ തോന്നുമ്പോൾ ഇങ്ങനെയുള്ള പുഴക്കൊത്തുകളും വ്യാഖ്യാനിക്കേണ്ടി വരുന്നു അപ്പൊ ഇതില്ലാതിരുന്ന് എങ്കിലും നാശിച്ചു പോയിട്ടുണ്ട് പക്ഷെ തിരിച്ചും മറിച്ചും പരിശോധിച്ചിട്ട് ഭാഷയും ആദ്യം മുതൽ അന്ത്യം പരിശോധിച്ചു നോക്കിയിട്ട് അതിന് അനുകൂലമായ ബോദ്ബലകമായി ഒരു തെളിവും കിട്ടിയിട്ടില്ല എന്താണ് ഇത് ആരെങ്കിലും എഴുതി ചേർത്താണ് എന്നുള്ളത് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആശ്വസിക്കുന്ന ഞാനായിരിക്കും നിങ്ങളെക്കാളും സമാധാനം വരും കാരണം അദ്വൈതാചാര്യനോടുള്ള ആദരവ് ബഹുമാനം കൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകാതിരുന്നെങ്കിൽ പക്ഷെ അതിനൊരു തെളിവ് വേണ്ട ഇത് എഴുതി ചേർത്ത് വെറുതെ പറഞ്ഞാൽ മതിയോ ആരെങ്കിലും അങ്ങനെ എഴുതി ചേർത്തതായിരിക്കും അപ്പൊ അതിനുള്ള ഒരു തെളിവ് എനിക്കല്ല ഇത് പരിശോധിച്ച് ആർക്കും ഒന്നും വരെ കിട്ടിയിട്ടില്ല ഇനി എന്തെങ്കിലും അത് കിട്ടുകയാണെങ്കിൽ ഈ പ്രശ്നം മുഴുവൻ വരും അത് ശരിയാണ് പക്ഷെ കിട്ടുന്നില്ല മറിച്ച് ഇത് ആണെന്നുള്ളതിന് തെളിവ് ധാരാളം ഉണ്ട് ഇതെല്ലാം എഴുതിയിരിക്കുന്ന ഒരാൾ തന്നെ എന്നുള്ളതിന് എത്ര തെളിവാണ് അതാണ് ഇതെല്ലാവരും ആഗ്രഹിച്ചു പോകുന്ന കാര്യമാണ് പിന്നെ മറ്റൊരു സമാധാനമുണ്ട് ഇതൊക്കെ എല്ലാ കാലത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ കൂട്ടിച്ചേർത്തലും വെട്ടിത്തിരുത്തലുമൊക്കെ എല്ലാ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളിലും ശിഷ്യന്മാരും കയറ്റിവിടും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് ഇനി അതിനെ വിശദീകരിക്കുന്നുണ്ടും സ്ത്രീ പശു പ്രത്യാദി സ്ത്രീയും മൃഗവും ഭർത്തിയനും എല്ലാം ഉപകരണങ്ങളാണ് അതുപോലെ ദേവന്മാരുടെ ഉപകരണങ്ങളാകുന്നു എന്ന് പറഞ്ഞാൽ ആ ദൃഷ്ടാന്തം പറഞ്ഞ് ഇത് വിശദീകരിച്ചത് അത് ശരിയായൊരു കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നിയത്